ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിസിൻ്റെ അടുത്ത് പോകാൻ ഉള്ളൊരു അസുഖമോ എന്തെങ്കിലും അസ്വസ്ഥതയോ തോന്നുമ്പോൾ ദൈവജിൻ്റെ അടുത്ത് പോകും അതിന് തന്നെ ഒരു പ്രേരണ വേണം ഉള്ളില് സംപ്രേര്യമാണസ്തു അവശശരീരി പ്രസഖി ദൈവേന ശുഭാശുഭേന ജ്യോതിർവിധം സന്നിധി മേദി യസ്മാൽ പ്രശ്നോഹിതോ ജന്മസമ ആ ദൈവജൻ്റെ അടുത്ത് പോകുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ പോകുന്ന ആൾ പറയുന്ന വാക്ക് അല്ലെങ്കിൽ പ്രവേശിക്കുന്ന സമയം ഇതനുസരിച്ച് ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ ഫലം എപ്രകാരമാണോ അങ്ങനെയാണ് പ്രശ്നത്തിലെല്ലാം നമ്മൾ ഫലം പറയാറുള്ളത് അപ്പോൾ ജന്മ സമഫലം ജന്മം പറഞ്ഞാൽ ജനനവും മരണവും കൂടെ ചേർന്നുള്ളതെന്നർത്ഥം ജന്മരാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ നക്ഷത്രം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട് ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും ആ നക്ഷത്രം ഏത് രാശിയിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആ രാശിയുടെ ഗുണങ്ങളും ആ ആഹാരവും സ്വഭാവവും അനുസരിച്ചുള്ള ഫലങ്ങൾ മനുഷ്യർക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും ജനിക്കുമ്പോൾ ആധാന ലഗ്നം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് സ്ത്രീയുടെ അണ്ടത്തിൽ എപ്പോൾ ആണോ പുരുഷൻ്റെ ബീജം പ്രവേശിക്കുന്നത് അത് മാഗ്നറ്റിക് ഒരു മാഗ്നറ്റ് വെച്ചാൽ അതിലൊരു അയൺ ഫൈലിങ്ങിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു തരി ചെന്ന് പിടിക്കുന്നത് പോലെ ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് നമുക്ക് അവർ കാ പരിധി എത്രയോ കോടിയിൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാലും ശരിയാകില്ല യാവൽസ്പന്തതിലോചനം സുഖകരം തൽ കോടിഭാഗോഭവിൽ കണ്ണ് ഇമവിട്ടുന്നതിന് എത്ര സമയം ആവശ്യമുണ്ടോ അതിൻ്റെ കോടിയിലൊരംശ ആ അത്രയും സമയം കൊണ്ടാണ് ഇത് പെട്ടെന്ന് ബീജവും ഓവും ബീജവും തമ്മിലുള്ള സംയോഗം നടക്കുന്നത് ആ സംയോഗത്തിലൂടെയാണ് ഈ വ്യക്തി രൂപം പ്രാപിച്ചു വരുന്നത് വ്യക്തിയിൽ സത്തെന്നും അസത്തെന്നും രണ്ട് കാര്യങ്ങളുണ്ട് സത്തെന്ന് പറയുന്നതാണ് നാശമില്ലാത്തത് അസത്തെന്ന് പറയുന്നതാണ് ബാഹി ശരീരവും ബുദ്ധിയും മനസ്സുമെല്ലാം വരുന്നത് ഇതെല്ലാം രണ്ടും കൂടെ യോജിച്ചൊരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അനുഭവത്തിൽ കൂടെ നല്ലതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് ചെയ്യേണ്ടി വരും ദൈവം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മാർജിതം കർമ്മം ദൈവമെത്തി അഭിധീയത അതിൽ പൂർവജന്മാർജിതം കർമ്മം ദൈവമെത്തി അഭിധിയതേ പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായിതെ വ്യാധി എന്ന് പറയുന്നത് മനോവ്യാധിയാകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വ്യാധിയാകാം അത് ഉണ്ടാകുന്നത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മഫലങ്ങൾ കൊണ്ടും ഈ ജന്മത്തിലുള്ള കർമ്മഫലങ്ങൾ കൊണ്ടും എല്ലാമാണ് അത് കർമാർജിതം പൂർവ്വഭവേ സദാദി യത്തസ്യഭക്തി സമീഹനക്തി എന്നൊരു ഇതുണ്ട് പൂർവ്വജന്മാർജിതമായിട്ടുള്ള പൂർവ കർമ്മ കർമാർജിതം പൂർവഭവേ പൂർവ്വകാലത്ത് ഭവിച്ചിട്ടുള്ളതാണ് പറയുന്നത് ഒരാൾ ചെയ്തിട്ടുള്ളതിന് മാത്രമല്ല അക്കാലത്ത് അല്ലെങ്കിൽ ഒരച്ഛൻ കുറേ കടമുണ്ടാക്കിയിട്ടിട്ട് മരിച്ചു കഴിഞ്ഞാൽ മകൻ വീടേണ്ടി വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആ കുലത്തിന് വന്നിട്ടുള്ള ദോഷങ്ങൾ ഈ വ്യക്തിയെ അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോൾ പൂർവ്വജന്മത്തിൽ ആ ആരെങ്കിലും ചെയ്തിട്ടുള്ളതിൻ്റെ ഫലങ്ങളെല്ലാം ഈ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കും ഈ ജന്മത്തിലുള്ള ഫലങ്ങൾ അനുഭവിച്ച് തീരാൻ സമയമില്ലാത്തതുകൊണ്ടും ശരീരത്തിന് അതിനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കുന്നു അപ്പോൾ ഒരാളിൻ്റെ പൂർവ്വജന്മം എന്താണെന്നും